അടുത്ത ശ്ലോകം ജിതത്മനഃ പ്രശാന്സ പരമാത്മാണസുഖദുഖു തന്നോ ജിതാത്മന പ്രശാന്സ പരമാത്മാ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു തഥാ മാന അപമാനയോഗം നമ്മൾ പറഞ്ഞ കാര്യം ഭഗവാൻ ഇവിടെ പറയാണ് ആരാണോ തന്നെ തന്നെ ജയിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ മനസ്സിനെയൊക്കെ ജയിച്ചാൽ ആളുകൾ പറയും അയ്യോ പാവം ഈ വയസ്സിൽ തന്നെ എന്തിനൊക്കെ അവർ കാരണം എന്താ അവര് ധരിക്കണത് ആകപ്പാടൊരു സുഖമുള്ളത് ഇതൊക്കെയാണ് ഇതൊക്കെ ഇയാൾ വിട്ടുകഴിഞ്ഞാൽ എന്ത് പ്രയോജനം പരമാത്മാ സമാഹിത ആഴത്തിൽ ഒരു പരമാനന്ദം അയാളുടെ ഉള്ളിൽ പ്രകാശിക്കണത് പുറമേ ഉള്ള ദൃഷ്ടിക്ക് കാണാൻ വയ്യ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സുഖമാവട്ടെ ദുഃഖമാവട്ടെ ശീതമാവട്ടെ ഉഷ്ണമാവട്ടെ ഇതിലൊന്നും ദൃഷ്ടി പോവാതെ ആഴത്തിലൊരു നിധിയെ കൈക്കലാക്കിയിരിക്കുന്നവനാണ് അവൻ തഥാ അപമാനയോ അയാൾക്ക് അപമാനവും ബഹുമാനവും ഒരേപോലെയാണ് സാധുബിഹ് പൂജ്യമാനേപി പീഢ്യമാനേപി ദുർജനൈഹി സമഭാവോപേദ്യ സജീവൻ മുക്ത ലക്ഷണ പൂജിക്കുന്നതും അപമാനിക്കുന്നതും ഒക്കെ ഒരേ പോലെയാണെന്നാണ് നമുക്ക് മഹർഷിയെ ആശ്രമത്തിൽ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാര് കാലില് തല്ലി നീരൊക്കെ അടുത്ത ദിവസം മഹർഷിയുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊക്കെ ഒരു വിധത്തിൽ പൂജിക്കണു അവര് അവരുടെ വിധത്തിൽ പൂജിച്ചിട്ട് പോയിരിക്കും സ്വകർമ്മണാ തമഭ്യർത്ഥ്യ അവരുടെ പൂജയാണത് എല്ലാത്തിലും പ്രശാന്ത പ്രശാന്തനാണ് ഭാഗവതത്തിലെ ഈ വിശേഷണം ഒരാൾക്ക് കൊടുക്കണുണ്ട് ആർക്കാന്ന് വെച്ചാൽ പരമദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന കുചേലന് കൃഷ്ണസ്യാസീത് സഖാകർ ബ്രാഹ്മണു ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ ദാരിദ്ര്യത്തിൽ എങ്ങനെ എങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് പലതും വേണം തോന്നുമ്പോഴാണല്ലോ ദാരിദ്ര്യം വിഷമാവണത് ഇന്ദ്രിയങ്ങള് വശത്തിലാണെങ്കിൽ ദാരിദ്ര്യവും അയാളെ ബാധിച്ചില്ലാത്രേ ചിതേന്ദ്രിയ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ആളുകൾക്ക് വലിയ മണിമാളിക കെട്ടിയിട്ട് ശാന്തി ഏറ്റവും അധികം ശമ്പളം വാങ്ങിയിട്ട് ശാന്തിയില്ല ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായി എല്ലാരാലും സ്തുതിക്കപ്പെടുന്നു എന്നിട്ട് ശാന്തി അപ്പൊ ഇതൊന്നും ഉള്ളിലുള്ള ആൾക്ക് ദാഹം തീരണില്ല എന്നർത്ഥം ശാന്തി വരണില്ല നേരെ മറിച്ച് ഇത്രയധികം ദാരിദ്ര്യത്തിൽ ഒരാളെ പറയണു ബ്രഹ്മവിത്തമഹ പ്രശാന്താത്മാ ജിതേന്ദ്രിയ നമ്മളുടെ ഈ പുറമേക്കുള്ള നേട്ടങ്ങളൊക്കെ തന്നെ കോട്ടങ്ങളായിട്ട് തീരാണ് വളരെയധികം അറിയപ്പെടുന്ന ഒരാള് പ്രസിദ്ധനായ ഒരാള് ഞങ്ങളുടെ അവിടെ ഗവണ്മെന്റ് കെട്ടിയിട്ട പാട്ട് നടത്തേണ്ട സ്ഥലത്തിൽ വന്ന് രാപ്പാടി എന്ന് അവിടെ വന്നിട്ട് തൂങ്ങി മരിച്ചു എല്ലാവരുടെ എല്ലാരും കാണുന്നവർ എന്തു എന്തോ അശാന്തി ഉള്ളില് എന്തോ വിഷമം പറയാൻ വയ്യ ഈ വെളിയിലുള്ള ഫെയിമൊന്നും തന്നെ അയാളെ അതിൽ നിന്നും തടസ്സം ചെയ്യാൻ സാധിച്ചില്ല ഫേമസ് ആയിട്ടുള്ള ആളുകൾ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അവർക്ക് ഇരിക്കാം ഇതിലൊന്നും ഒരു ഇതൊന്നും ഉള്ളില് ദാഹം തീരില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾക്ക് പകരം എൻ്റെ മുമ്പിൽ ലക്ഷം പേരാണ് ഇരിക്കണതെങ്കിലും എനിക്ക് വയറുവേദന വന്നാൽ മതി ഇതിൻ്റെയൊക്കെ സുഖം പോകാൻ ആളുകളൊക്കെ എന്നെ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കുന്നു നിങ്ങളെപ്പോലെ ആരുണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു എനിക്ക് വേറൊേദനിക്കുന്നു എന്താ കാര്യം ചെറിയൊരു വിഷമം എൻ്റെ ശരീരത്തിന്റെ മതി ഈ ഒരു ലക്ഷം പേര് എൻ്റെ മുമ്പിൽ സുഖം പോവാൻ പക്ഷെ ലോകം കണക്കിലെടുക്കണത് എന്താ ഓഹ് ഒരു ലക്ഷം പേരായി ഇനി അടുത്ത പ്രാവശ്യം രണ്ടു ലക്ഷം ആക്കണം മൂന്ന് ലക്ഷം ആക്കണം ഒരു ലക്ഷം അമ്പതിനായിരം രൂപ ആയിട്ട് സുഖം പോയി പോകും ഇപ്പൊ ഇരുന്നൂറ് പേർക്ക് അഞ്ഞൂറ് പേരായ സുഖമാവും അതേ അളവിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷമായ സുഖമാവും ഒരു ലക്ഷം അമ്പതിനായിരം ആയ സുഖം പോയി പോവും വെളിയിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒക്കെ ഈ പ്രസിദ്ധിയും പണത്തിലും ഇതിലൊന്നും കാര്യമില്ല പക്ഷെ ഇത് ആ മായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രയോ അത് നമ്മളെ എന്തോ ഉണ്ട് ഉണ്ട് ഉണ്ട് മരീച്ചുകട അതാണ് വെള്ളത്തിന് വേണ്ടി ഓടാൻ വെക്കുന്ന പോലെ മൃഗത്തഷ്ഠണിക്കാ അമ്മാൻ വെള്ളം കുടിക്കാൻ ഓടും മരീച്ചൊക്കെ കണ്ടിട്ട് അതുപോലെ നമ്മൾ പുറമേക്ക് വിടും എക്സ്ട്രീം സിറ്റുവേഷൻസിൽ പോലും പ്രശാന്തമായിട്ടിരിക്കണമെങ്കിൽ ഉള്ളിലുള്ള നിധി കൈക്കലാക്കിയാലേ പറ്റൂ പ്രശാന്താത്മാ ജിതേന്ദ്രൻ ജിതാത്മനഹ പരമാത്മാ സമാഹിത അവൻ നിരന്തരം ഭഗവാനെ കാണുന്നു ഹൃദയത്തിൽ സമാധി ദൃശി ദൃഷ്ടി കൊണ്ട് ഭഗവാനെ അറിയണം അതാണ് പരമാത്മാ സമാഹിത ജ്ഞാന ദൃഷ്ടി സമാധിദൃഷ്ടി ബോധദൃഷ്ടി കൊണ്ട് ഭഗവാനെ നിരന്തരം കാണുന്നു ഇങ്ങനെ എല്ലാ എക്സ്ട്രീം സിറ്റുവേഷൻസിലും ശീത്ത് ഉഷ്ണ സുഖ ദുഃഖേഷു തഥാ മാന അപമാനയോ ശീതവും ഉഷ്ണവും ഒക്കെ എങ്ങനെ സീസൺ അനുസരിച്ച് വരണമോ അതുപോലെ തന്നെ സുഖവും ദുഃഖവും ഒക്കെ എന്തോ ഒരു നിയമത്തിനനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതറിയണ ആള് സുഖത്തിനെ ദുഃഖം ദുഃഖത്തിനെ സുഖമാക്കി മാറ്റാനൊന്നും മെനക്കെടില്ല ആയിക്കോട്ടെ എന്താ വേണ്ട വരണ വന്നോട്ടെ പരമാത്മാ അവിടെ മാത്രമാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യമുള്ളത് അവനാണ് അറിയേണ്ടതറിഞ്ഞവൻ अ्लोक ज्ञान विज्ञान विज्ञानृप्ता आत्मतत्व शास्त्र महात्मा कैट अ അതെ ജ്ഞാനം അതിനെ സ്വാനുഭവത്തിൽ കൊണ്ടുവരുക അത് വിജ്ഞാനം ഇത് രണ്ടും കൂടെ അയാളെ തൃപ്തി വരുള്ളൂ സ്വാത്മതൃപ്തി വരുള്ളൂ അതായത് ചെയ്യേണ്ടത് ചെയ്തു കിട്ടേണ്ടത് കിട്ടി എന്നുള്ള കൃത കൃത്യത നിറവ് വരുള്ളൂ എന്ന് വാക്കുക നിർവൃത്തി വരുവുള്ളൂ ജ്ഞാന വിജ്ഞാന തൃപ്താ ദൃഷ്ടി ബോധത്തിലാവുമ്പോ മനസ്സിലോ ബുദ്ധിയിലോ ശരീരത്തിലോ അല്ലാതെ സംവേർ ഒരു പാരഡൈംഷി പാരഡൈംഷിഫ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഒരു വാക്ക് അതായത് ഒരിടത്തിരിക്കുന്നത് പെട്ടെന്ന് വേറെ ഒരിടത്തേക്ക് പോണതിനാണത് അതുപോലെ ശരീരം മനസ്സ് ബുദ്ധി എന്നുള്ള ഉപാധികളെയൊക്കെ വിട്ട് അച്ചലമായി ഒരു ചലനങ്ങൾ കൊണ്ടും എന്തോ ഒന്നിനെ solid experience is not intellectual knowledge endo nil suvyakthamaaya aayal aparokshamaayi avanavenil kaanunu aa drishtikaanu koodasthhan enn bhagavanu parannathu adu aranju keynjal ayalde manasu pallu poya paambu pole aavum palle pole chalichalum adinu onnum cheyanmalle adu സ്ക്രീനിൽ സിനിമ എന്തൊക്കെ കണ്ടാലും സ്ക്രീനിൽ ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നുള്ള പോലെ ഈ കൂടസ്ഥ ദൃഷ്ടി ആരിൽ ഉണ്ടായിക്കഴിഞ്ഞു അയാളിൽ മനസ്സ് പഴയ പോലെയൊക്കെ എന്തൊക്കെ തന്നെ ചിന്തിക്കുകയും വിചാരപ്പെടുകയും ഒക്കെ ചെയ്താലും അതൊന്നും തന്നെ അവിടെ ഒരു ചെറിയ മാർക്ക് പോലും ഉണ്ടാക്കില്ല കൂടസ്ഥോ വിചിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തമാക്കിയവനാണ് അവൻ ഇന്ദ്രിയങ്ങൾക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നുള്ളത് ഇല്ലാതായി തീർന്നു കഴിഞ്ഞു ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കണില്ല അവൻ കൂടസ്തോ വിചിതന്ദ്രിയ അത്തരത്തിലുള്ളവൻ യുക്തീതി ഉച്ച യോഗി അവൻ യോഗിയാണ് യുക്തനാണ് യുക്തൻ എന്നു എല്ലാം പ്രവർത്തികളും നടക്കണ ആശ്രയമില്ല അവനാണ് യുക്തൻ പേര് യുക്തൻ ആരാണ് ആഹാരം വിഹാരം ഇതൊക്കെ തന്നെ പ്രാകൃത ധർമ്മങ്ങൾ നടക്കുമ്പോഴും അതിലൊന്നും ദൃഷ്ടിയില്ലാത്തത് അവനാണ് യുക്തൻ കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും കാണൽ കേൾക്കൽ മണക്കൽ രുചിക്കൽ എന്നുള്ള പ്രക്രിയകളൊക്കെ നടക്കണു എന്നല്ലാതെ അയാളുടെ അതിലൊന്നിലും തന്നെ സദാ സംവിന്മയോ യോഗി സ്പർശാൻ കൃത്വ ബഹിർബാഹ്യാൻ യോഗവാസിഷ്ടത്തിൽ വരും സ്പർശിച്ചു കൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഭുജിച്ചുകൊണ്ടും രുചിച്ചുകൊണ്ടും വ്യവഹരിച്ചു കൊണ്ടും ഒക്കെ ഇരിക്കുമ്പോഴും അതിലൊന്നിലും തന്നെ അയാളില്ലാതെ സംവിന്മയനായിട്ടിരിക്കണു എന്നാണ് എന്നുവെച്ചാൽ താൻ ആ കൂടസ്ഥമായ ബോധമാണെന്നുള്ള ദൃഷ്ടി ഒരു ക്ഷണത്തിലേക്ക് പോലും വിട്ടുപോവാതെ അയാൾ എങ്കിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ അത് ധർമ്മത്തിനനുസരിച്ച് വ്യവഹരിക്കും അതാണ് യുക്തഹ എന്നുള്ള പദത്തിനർത്ഥം അവൻ യുക്തനാണ് യുക്തനായവൻ യോഗിയാണ് യോഗി എന്നുള്ള വാക്ക് യോഗ സാധന ചെയ്യുന്നവനുള്ള അർത്ഥത്തിൽ ഭഗവാൻ പ്രയോഗിക്കണതല്ല ആരാണോ തൻ്റെ സ്വരൂപത്തിനെ അറിഞ്ഞിരിക്കണത് യോഗി ആത്മജ്ഞാനിയാണ് യോഗി ശരീരത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണവനല്ല ശരീരം ചെയ്യുന്ന പ്രവൃത്തിയിൽ സംഗമില്ല മനസ്സിനോടോ ബുദ്ധിയോടോ അഭിമാന വൃത്തിയില്ല അവന് അവൻ നിരന്തരം ആത്മതൃപ്തനാണ് അങ്ങനെയുള്ള യോഗിയും സമലോഷ്ടാശ്മന അതായത് അവന് ലോഷ്ടം എന്ന് വെച്ചാൽ എന്താ ഒരു മണ്ണാങ്കട്ടയോ കല്ലോ സ്വർണമോ ഒക്കെ ഒരേ പോലെയാണ് അയാൾ ഇതിലൊക്കെ തന്നെ സമദൃഷ്ടിയുള്ളവനാണ് സമദൃഷ്ടി എന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കും അത്ര തന്നെ മണ്ണും കല്ലും ഒക്കെ ഉപയോഗത്തിനുള്ളതാണ് എന്തിനാ വീട് കെട്ടണമെങ്കിൽ കല്ല് വേണം ഉമർത്ത് കുഴി ഉണ്ടെങ്കിൽ മണ്ണ് വാരി ഇടണം അതേപോലെ തന്നെ വിശപ്പുണ്ട് വേറെ ഒന്നും നിവൃത്തിയില്ലെങ്കിൽ വീട്ടിൽ സ്വർണ്ണമുണ്ടെങ്കിൽ എടുത്ത് വിൽക്കാം അതിനല്ലാതെ എന്തിനു കൊള്ളും അല്ലേ എന്നൊരു സാധനം കണ്ടുപിടിച്ചു എപ്പോട്ടാ നോക്കിയാലും ജ്വല്ലറി ഷോപ്പാണ് ഇവര് സ്വർണ്ണമാണോ വിൽക്കുന്നത് വേറെ എന്തെങ്കിലും ആണോ എനിക്ക് ഇപ്പൊ സംശയം തോന്നുകയാണ് എന്താന്ന് വെച്ചാൽ എത്ര വലിയ വലിയ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പെട്ടിക്കട പോലെ ഒന്ന് വെച്ചോണ്ടിരിക്കണ്ടാവും ഇത് തിരിഞ്ഞാ മറിഞ്ഞ ഷോപ്പ് അതിങ്ങനെ സ്വർണ കൂട്ടം ഇതൊക്കെ മനുഷ്യൻ ഇതൊന്നും ഇട്ടു നടക്കണമെന്നും കാണുന്നില്ല അപ്പാണ് രസം അതൊന്നും ഇട്ടു നടക്കാനൊന്നും ആർക്കും സമയം വാങ്ങി എന്തോ എടുത്ത് വെക്കുകയാണ് എന്താന്ന് വെച്ചാൽ നാളെ ഇതൊക്കെ വില പിടിച്ച നാളെ ഊണിനും ബുദ്ധി അഷ്ടിക്ക് കഷ്ടിയായാൽ വിൽക്കാം എന്നുള്ളൊരു പ്രയോജനമുണ്ട് ഇട്ടിട്ട് ഊണിന് വല്ല വഴി ഉണ്ടെങ്കിൽ നോക്കാം അല്ലാതെ അതിപ്പോ തിന്നാൻ പറ്റില്ല യാതൊന്നിനും പറ്റില്ല പണ്ടത്തെ കാലത്താണെങ്കിൽ ആളുകള് മൂക്കില് ചെവിയിലോ ഒക്കെ തൊള്ള ഉണ്ടാക്കി പരസ്പരം കണക്ഷൻ കൊടുത്ത് പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ ചെയ്യും ഇപ്പൊ അതും ചെയ്യണില്ല അധികം അങ്ങനെയെങ്കിലുമൊക്കെ ഒരു അലങ്കാരം ഒക്കെ നടക്കും ആ അലങ്കാരവും കാണാനില്ല അധികം അപ്പോ ഇതൊക്കെ തന്നെ ശരി ഉപയോഗത്തിന് വല്ലതും കൊള്ളുപോക്കൊള്ളു ആയുർവേദത്തിലെ ചില മരുന്നിനൊക്കെ സ്വർണ്ണമാണ് അതിന് നല്ലതാണോ ശരി ഉപയോഗിക്കാം ഇനിയിപ്പൊ നാളെ വിഷമം വന്നു വിശപ്പിനു വല്ല ബുദ്ധിമുട്ട് ജീവിക്കാൻ വന്നു എങ്കിൽ വിൽക്കാൻ പറ്റുമോ വിൽക്കാം ഇതിനൊക്കെ അത് കൊള്ളു അപ്പൊ അത് ഈ കല്ലും മണ്ണും ഒക്കെ പോലെ തന്നെ ആവശ്യം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സ്വർണം സമലോഷ്ട അശ്മ കല്ല് ഇരുമ്പ് കാഞ്ചനം സ്വർണം ഒക്കെ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് അയാൾക്ക് ഇതിലൊക്കെ തന്നെ വ്യവഹാര ബുദ്ധിയേ ഉള്ളൂ അല്ലാതെ ആശ്രയ ബുദ്ധിയോ പാരമാർത്ഥിക ബുദ്ധിയോ ഒന്നുമില്ല സുഖബുദ്ധിയോ ഒന്നുമില്ല വ്യവഹരിക്കണെങ്കിൽ അടുത്ത് വ്യവഹരിക്കും അത്ര തന്നെ ഒരു ജമീന്ദാർ വലിയ ബിസിനസ്മാൻ അദ്ദേഹത്തിന് ധാരാളം പണുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തിമാർഗത്തിലും നല്ല രുചിയുണ്ട് അപ്പൊ ഒരു സത്രം നടത്തി ധാരാളം സന്യാസികളെയൊക്കെ വിളിച്ച് ഭിക്ഷ കൊടുക്കും ഭിക്ഷ കഴിഞ്ഞിട്ട് ആ വരുന്ന സ്വാമിമാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറയും അദ്ദേഹം ചോദ്യം ചോദിക്കും അവരെന്തെങ്കിലും സത്സംഗം പറയും ഇതൊക്കെ ചില ആളുകൾക്ക് നേരം പോക്കാണ് അദ്ദേഹം ഇത് നടത്തും അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്വാമിയെ കൊണ്ടുവന്ന് അദ്ദേഹം ഭിക്ഷൊക്കെ കൊടുത്തു ഭിക്ഷ കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ മുഖ്യ അതിഥിയായിട്ട് വരുന്ന സന്യാസിക്ക് കൊടുക്കാൻ സ്വർണപാത്രം ഒന്ന് ഉണ്ടാക്കി വെച്ച അപ്പൊ ആ സ്വർണപാത്രം അതിൽ ഭിക്ഷ കൊടുക്കും അപ്പൊ ഇങ്ങനെ കുറെ സ്വാമിമാർ വന്നപ്പോ ഒരു സ്വാമിയോട് ചോദിച്ചു എനിക്ക് വൈരാഗ്യം എന്താണെന്ന് അവിടെ പറഞ്ഞു തരണം നല്ല ജ്ഞാനനിഷ്ഠനായ ഒരു സന്യാസിയുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചു എനിക്ക് വൈരാഗ്യം എന്താണെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന സന്യാസിയെ വിളിക്കൂ ഭിക്ഷയ്ക്ക് എന്റെ അടുത്ത് ചോദിക്കണ്ട ഞാൻ അത് പറഞ്ഞ അധികാരിയില്ല ഇന്ന സന്യാസിയെ ഭിക്ഷയ്ക്ക് വിളിക്കൂന്ന് അപ്പൊ സന്യാസിയെ ഭിക്ഷയ്ക്ക് വിളിച്ചു ഭിക്ഷയ്ക്ക് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അയ്യോ ഞാൻ സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിക്കില്ല എന്ത് പറഞ്ഞിട്ട് അദ്ദേഹം സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല യാതൊരു കാരണവശാലും തൊട്ടില്ലാതെ കയ്യിൽ ഭിക്ഷ വാങ്ങിക്കഴിച്ചു സ്വർണം തൊട്ടതേ ഇല്ല ഭക്ഷണം കഴിച്ചു അവസാനം വൈരാഗ്യം എന്താണെന്ന് ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഊണ് കഴിക്കാനേ വരില്ല എന്ന് വന്നിട്ട് എഴുന്നേറ്റ് പോയി അപ്പൊ ഈ ഉപദേശിച്ച ഗുരു പറഞ്ഞു ഇതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം വേറെയൊരു സന്യാസിയെ പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തിനെ ഭിക്ഷക്ക് വിളിക്കുന്നു അപ്പൊ അദ്ദേഹം വിക്ഷയ്ക്ക് വന്നപ്പോ ഇതേപോലെ എല്ലാവരും ഊണിക്കാൻ ഇരുന്നു സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കൊടുത്തു ബാക്കിയുള്ളവർക്കൊക്കെ ഇലയിട്ടും ഭക്ഷണം കൊടുത്തു അപ്പൊ ഇദ്ദേഹം ആ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചു ഒന്നും ഒരു കുഴപ്പം പറഞ്ഞില്ല സ്വർണ്ണപാത്രം കൊടുത്തപ്പോ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചു അത് ആ കഴിച്ചവരൊക്കെ ഇല എടുത്തുകൊണ്ട് പോയി കളഞ്ഞു ഇദ്ദേഹം ആ സ്വർണ്ണപാത്രം കൊണ്ടുപോയി കളഞ്ഞിട്ട് പോയി അപ്പൊ പറഞ്ഞു ഇതാണ് ഞാനും ഇലയൊക്കെ വറുക്കിക്കൊണ്ട് കളഞ്ഞപ്പോ ഇദ്ദേഹം ആ സ്വർണ്ണപാത്രം കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോയി അത്രേ ഇതാണ് ഞാനും ഞാനിക്ക് ഒക്കെ വ്യവഹാര ബുദ്ധിയേ ഉള്ളു വൈരാഗ്യ്ക്ക് ഭേദങ്ങളുണ്ട് ഇനി ഇത് വേണം പാടില്ല എന്നൊക്കെ ജ്ഞാനിക്ക് ഭേദമൊന്നുമില്ല ഒക്കെ വ്യവഹാരം ഉപയോഗിക്കേണ്ട സാധനമാണ് ഉപയോഗിക്കണോ ഉപയോഗിക്ക ഇല്ലയോ വേണ്ട ഇതിനും അതിനും വലിയൊരു വ്യത്യാസമൊന്നുമില്ല അപ്പൊ സ്വർണത്തിനും കല്ലിനും വല്യ വ്യത്യാസമൊന്നുമില്ല അല്ലെ ഉണ്ണമെങ്കിൽ ചോറ് തന്നെ വേണം സ്വർണം പറ്റില്ലല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടുക്കനും മാലയും വളയൊന്നും തിന്നാൻ പറ്റില്ലല്ലോ അതിന് ഇഡ്ലിയും ദോശയൊക്കെ തന്നെ വേണം ആ സമയത്ത് കൊണ്ടുപോയി എത്ര വലിയ സ്വർണം കൊണ്ടുവച്ചിട്ടും കാര്യമില്ല പഴയ ഒരു കഥ പറയുമല്ലോ എന്ത് തൊട്ടാലും സ്വർണ്ണമാവും അയാൾക്ക് ഭക്ഷിക്കാൻ പറ്റുമോ പാവും ഇഡ്ഡലി തൊട്ടാ ഇഡ്ഡലി സ്വർണമാവും ദോശ തൊട്ടാ ദോശ സ്വർണ്ണമാവും എന്ത് തിന്നും अब अयामोषनालोक सुहृन््युदासन मध्यस्थदेशंधुषु साधु सर्वशिष्य प्रत्युपकार उपकर्ता सु സുഹൃത്ത് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ നമ്മൾ സുഹൃത്തല്ല ലോകത്തിലെ ആളുകൾ പലരും ചെയ്യണത് എന്താ നമുക്കുന്ന ആള് വേണ്ടിവരുവേ എന്നാണ് അതുകൊണ്ട് ചെയ്യണം അത് സുഹൃത്തിന്റെ ലക്ഷണമല്ല പ്രത്യുപകാരം അനപേക്ഷ ഉപകർത്ത അവൻ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യും प्रत्युपक अलपंप्रतीक्षा उपकम्म मित्रो नमक वेर मित्र अर्थ अदासीदासी वह എല്ലാത്തിനും കണ്ടിട്ട് ഒന്നും പറയാത്ത ആള് മധ്യസ്ഥ നടുക്ക് നിക്കണ ആള് രണ്ടുപേരെയും കൂടെ ചേർത്തി വെക്കാനും നോക്കും ഉദാസീന അതി ചെയ്യില്ല ഉദാസീനം എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ തല്ലുമ്പോ തല്ലിക്കൊള്ളൂ എന്ന് പറയും അയാള് കുഴപ്പൊന്നുമില്ല അയാള് നോക്കിക്കൊണ്ടിരിക്കും രണ്ടുപേരും അങ്ങടും ഇങ്ങടും തല്ലുകയാണ് അയാള് നോക്കിക്കൊണ്ടിരിക്കും എന്ത് സംഭവിച്ചാലും നോക്കിക്കൊണ്ടിരിക്കും യാതൊന്നും അയാള് ഇടപെടില്ല അങ്ങനെ ഇരിക്കുന്നവൻ ഉദാസീനൻ സുഹൃ മിത്ര അരി ഉദാസീന മധ്യസ്ഥൻ നടുക്കു പോയിട്ട് അയാളുടെ അടുത്തു നിന്നും തല്ലുവാങ്ങും ഇയാളുടെ അടുത്തു നിന്ന് തല്ലുവാങ്ങും ചില കാറിൽ നടുക്കിരിക്കുന്ന ആളെ ഇങ്ങോട്ടുള്ള ആളും പിടിക്കും ഇങ്ങോട്ടുള്ള ആളും പിടിക്കും അല്ലേ അതുപോലെ മധ്യസ്ഥൻ എല്ലായിടത്തും അടി കിട്ടണ ആളാണ് സുഹൃത് മിത്ര അരി ഉദാസീന ബന്ധുഷു നമുക്ക് വേണ്ടപ്പെട്ടവൻ ഇവരിലോടൊരോടൊക്കെ സമബുദ്ധിഹീന സമബുദ്ധി വിശിഷ്യത അവനാണ് യോഗാരൂഢൻ എന്നുവെച്ചാൽ നമ്മളിപ്പോ പറയണതൊക്കെ എന്താ കാര്യം എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനുള്ള പ്രിപ്പറേഷനാ ഏർ ധ്യാനയോഗത്തിനുള്ള ആരംഭപടികളാണ് അതായത് ചുരുക്കത്തിൽ നമ്മളുടെ വ്യവഹാര തലത്തിൽ ഇതിലൊന്നിലും എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ പ്രത്യേകതകൾ ഇല്ലെങ്കിലേ നമ്മളുടെ ധ്യാനം ശരിയാവുള്ളൂ എന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയെന്നാണ് ഭഗവാൻ പറയണത് അതൊന്നും ധ്യാനം ആവില്ലയാണ് സുഹൃത്തിനോടും മിത്രത്തിനോടും ശത്രുവിനോടും ഉദാസീനനോടും വെറുപ്പുള്ളവനോടും ബന്ധുവിനോടും പതുക്കെ പതുക്കെ അതായത് ഇതൊന്നും നമ്മളിൽ ഇമ്പാക്ട് ഇല്ലാത്ത ഒരു സ്ഥിതി വരണം ഇത് ധ്യാനിക്കണു മുമ്പേ വരണം എന്നല്ല അപ്പൊ ധ്യാനവും ഇതും കോംപ്ലിമെന്ററി സപ്ലിമെന്ററി ആയിരിക്കണം വ്യവഹാരം ഒരു ധ്യാനം വേറെ ഒരു ആവാൻ പറ്റില്ല വ്യവഹാരം ധ്യാനത്തിന് കോംപ്ലിമെന്ററി ആയിരിക്കണം സപ്ലിമെന്ററി ആയിരിക്കണം ധ്യാനം വ്യവഹാരത്തിന് കോംപ്ലിമെന്ററി ആയിരിക്കണം നുകൂലമായിരിക്കണം വ്യവഹരിക്കുമ്പോ സുഹൃത്തിനോടും മിത്രത്തിനോടും ശത്രുവിനോടും ബന്ധുവിനോടും ഉദാസീനനോടും മധ്യസ്ഥനോടും ഒക്കെ നമ്മൾ അങ്ങനത്തെ ആളുകളൊക്കെ ലോകത്തിൽ കാണുമല്ലോ ഇത് ഈ ഏതെങ്കിലും ഒക്കെ ഒരു കൂട്ടരായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത് ഇവരൊക്കെ നമ്മളെ ചലിപ്പിച്ചിട്ട് പോകും കഴിഞ്ഞ ആഴ്ച ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കും ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ നല്ല സുഖമായിരിക്കും കാണുന്നതിനോടൊക്കെ ആനന്ദം തോന്നും ശാന്തി തോന്നും പക്ഷെ വരണ വഴിയിൽ നമുക്ക് അറിയണ ആരെങ്കിലുമൊക്കെ കണ്ടു എന്താ ഏട്ടാ സൗഖ്യമല്ലയും സുഖമല്ലേ ചോദിച്ചാൽ നമ്മളിലൊക്കെ പോയി എന്താ അദ്ദേഹത്തിനെ കണ്ടോടനെ എന്തോ ഒരു ഭാവം എൻ്റെ ഉള്ളിൽ ഉണ്ടായി ഞാൻ ചവിട്ടുള്ളൂ വന്നു ഭാവം സ്പെഷ്യാലിറ്റി സം കൈൻഡ് ഓഫ് ഇമോഷണൽ റെക്കഗ്നേഷൻ അപ്പൊ തന്നെ നമ്മുടെ ലോക്കലൈസ്ഡ് ഇവിടേക്ക് വന്നു ആ സ്ഥിതി പോയി അല്ലേ അപ്പൊ എന്താ അയാളെ കണ്ടോ ഒന്നിൽ സുഹൃത്താണെന്ന് തോന്നി അല്ലെങ്കിൽ മിത്രമാണെന്ന് തോന്നി അല്ലെങ്കിൽ ഒന്നിൽ ഇടപെടാത്തൊരു ചപ്പെന്ന് തോന്നി അല്ലെങ്കിൽ നടുവിൽ നിൽക്കുന്ന ആളാണ് ബ്രോക്കറാണെന്ന് തോന്നി അല്ലെങ്കിൽ ദ്വേഷം തോന്നി അല്ലെങ്കിൽ എന്റെ അമ്മായിമ്മയുടെ അടുത്ത വീട്ടിലുള്ള മരുമകന്റെ ഏട്ടൻറെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന ആ വീട്ടിലത്തെ ചക്കനാണെന്ന് തോന്നി ഇങ്ങനെയൊക്കെയാണല്ലോ ബന്ധം ബന്ധുഷു എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോ എന്തായി നമ്മൾ കൊറേ നമ്മളുടെ ആ സ്ഥിതി നിന്ന് ചലിച്ചു പോയി സമബുദ്ധി സമബുദ്ധി അതിന്റെ ഇമ്പാക്ട് ഇല്ല നടത്തണം നമ്മള് ഒന്നും ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഇതൊക്കെ നമ്മൾ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത് സാധുഷിച്ച പാപയേഷു അതും പറഞ്ഞു നമുക്ക് ചിലരൊക്കെ കണ്ടാൽ അവരൊക്കെ മഹാത്മാക്കളാണ് നല്ലവരാണ് തോന്നും അപ്പോ ബഹുമാനം ഭക്തിയൊക്കെ തോന്നും ചിലരൊക്കെ കണ്ട മഹാപാപികളുണ്ടോ മഹാഭാപികളാണെന്ന് തോന്നും ദുഷ്ടന്മാരാണെന്ന് सा पापेश्ध्यु सर्वेशुन शास्त्र प्रवर्ती क्या सतोषंत प्रतिषिधम वेरुप अदिकोल ആത്മസ്വരൂപികളാണ് ആത്മൈവേദം സർവം എല്ലാ ദുഷ്ടന്മാരും എല്ലാ മഠയന്മാരും എല്ലാ നല്ലവരും എല്ലാ മഹാത്മാക്കളും എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും എല്ലാ സിദ്ധാന്തത്തിൽ പെട്ടവരും ഇതൊക്കെ തന്നെ ആത്മാവായി കാണുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇതൊന്നും എന്നിൽ ഇമ്പാക്ട് ഉണ്ടാക്കാതിരിക്കണം അതെന്തോ ആവട്ടെ അത് ശരി തെറ്റ് നിരൂപണം ചെയ്യാൻ പോയാൽ നമ്മൾ പെട്ടുപോകും ചിലതൊക്കെ ഇപ്പോ നിങ്ങളിപ്പോ പറയണു എല്ലാരും ഒന്നായിട്ട് കാണണം എന്ന് ഒരു ഒരു മഹാപുരുഷനെയും ഒരു രമണ മഹർഷിയെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഹിറ്റ്ലറിനെ ഒരു സ്ഥലത്ത് വെച്ച് ശരിയായിട്ട് കാണാൻ പറ്റുവോ സമമായിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ ശരിയായി കാണാൻ പറ്റില്ല ഉത്തരം പറയണം പക്ഷേ ഇവിടെ ഉദ്ദേശിക്കണത് രമണ മഹർഷിയും ഹിറ്റ്ലറിനെയും നീ സമമായിട്ട് കാണണം എന്നല്ല ഭഗവാൻ പറയണത് രമണ മഹർഷിയെ കാണുമ്പോ അയ്യോ അദ്ദേഹം എവിടെയോ ഇരിക്കണോ എന്നെ കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ലല്ലോ നമുക്കൊന്നും പറ്റില്ലല്ലോ എന്ന് ഞാൻ ഒരാളായിട്ട് നിന്ന് എന്നിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി ഹിറ്റ്ലറിനെ കാണുമ്പോൾ ഇതുപോലൊരു പരമദുഷ്ടൻ എത്ര മഹാപാപി അവൻ അങ്ങനെ ആവണം അവൻ ഇങ്ങനെ ആവണം എന്തൊക്കെയോ തോന്നി ഇത് രണ്ടും വന്നിട്ടില്ലെങ്കിൽ രമണ കണ്ടു ശാന്തമായി ഹിറ്റ്ലറിനെ കുറിച്ചോ ഒരു ഇമ്പാക്റ്റും എന്നിലില്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും തന്നെ നമ്മളിൽ വിപരീതമായിട്ട് ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കണില്ലെങ്കിൽ റിയാക്ഷൻസും ഉണ്ടാക്കണില്ലെങ്കിൽ നമ്മളിൽ ശാന്തി നഷ്ടപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഒരു വാർത്തയും നമ്മളുടെ അകമേ ഉള്ള ആ കല്ലിടുന്നില്ലെങ്കിൽ പ്രശാന്തിയെ ഭഞ്ചിക്കണില്ലെങ്കിൽ വിശിഷ്യത വിശിഷ്ടനാവുക എത്ര ഗംഭീരമാണ് നോക്കൂ ആശയം ഇത് നമ്മൾ മറന്നുപോകും വീണ്ടും വീണ്ടും വീണ്ടും മനനം ചെയ്യണം ഇപ്പൊ ഗീതാ ശ്ലോകങ്ങളെടുത്ത് വീണ്ടും വീണ്ടും വീണ്ടും പാരായണം ചെയ്യുമ്പോൾ ഓരോരിക്കും വായിക്കുമ്പോഴും പ്രകാശിക്കും അത് ഒരു ധ്യാനാണ് നമ്മൾ അർത്ഥം ശ്ലോകം പാരായണം ചെയ്യുക ഈ പാരായണം എന്ന് പറയണത് ഉണ്ടല്ലോ ഒക്കെ വളരെ പവർഫുള്ളാണ് നമുക്കത് കുറെ കഴിയുമ്പം അതായത് ഇൻറ്റ്യൂഷൻ പാരായണത്തിലാണ് ഉണ്ടാവുക പഠിക്കണതിൽ ഉണ്ടാവില്ല പഠിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കും ഒന്നുമില്ലാതെ വെറുതെ വായിക്ക ഒരു സ്ട്രെയിനും ഇല്ലാതെ ഒരു വിഷമം ഇല്ലാതെ അങ്ങനെ തുടങ്ങിയിട്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുസവ മാമക പാണ്ഡവ കിമകുർവത സഞ്ജയ അങ്ങനെ തുടങ്ങി അങ്ങനെ അതൊരു ധ്യാനമായി നമുക്ക് ആ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വെളിച്ചം വീശും ചില സമയത്ത് പെട്ടെന്നൊരു ശ്ലോകം കാണുമ്പോ എന്തോരർത്ഥം സ്ഫുരിക്കും സംശയം തോന്നുമ്പോ അപ്പൊ വ്യാഖ്യാനം എടുത്ത് നോക്കാം അപ്പൊ ഭാഷയെടുത്ത് നോക്കാം അങ്ങനെ വായിക്കാം അങ്ങനെ വായിക്കുമ്പോ നമുക്ക് ഓരോരു ദിവസവും കണ്ണാടി പോലെ നമ്മൾ എവിടെ നിൽക്കണമെന്ന് കാണും മനനം ചെയ്യാം പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ ഓരോ സ്റ്റേജിലും നമുക്കിത് സഹായിയായിട്ട് തീരും അമ്മ അപ്പോഴാണ് भगवद गीत अम्मीण गीत अंबत्ता भगवदी भगवदिणी अमेर अ गी वी वी वी प्रेम अनुसंधान ഒരു ശ്ലോകം രണ്ട് ശ്ലോകം അർത്ഥത്തോടെ വായിക്കുക പിന്നെ അങ്ങോട്ട് പറയാനേ ചെയ്യാം അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ ഈ ശ്ലോകമൊക്കെ നോക്കുമ്പോ നമുക്ക് ഓരോരിക്കലും ആയിട്ട് നമുക്ക് തെളിയും എന്താണ് ഇതൊക്കെ നമുക്ക് ഒരു ഇമ്പാക്ട് ഇല്ലാതിരിക്കണം നമ്മളെന്ന് പറഞ്ഞല്ലോ എങ്ങനെ സാധിക്കും എനിക്ക് സാധിക്കണമുണ്ടോ എൻ്റെ മനസ്സ് ചഞ്ചലമാവണുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ആയിരിക്കും കാരണം ഒന്നിൽ സുഹൃത്ത് അല്ലെങ്കിൽ മിത്രം അല്ലെങ്കിൽ ഉദാസീനം അല്ലെങ്കിൽ മധ്യസ്ഥൻ അല്ലെങ്കിൽ ദ്വേഷ്യൻ അല്ലെങ്കിൽ ബന്ധു അല്ലെങ്കിൽ അശ്മം കാഞ്ചനം ലോഷ്ടം പിന്നെന്തൊക്കെയാ പറഞ്ഞ അഖിളുട്യശ്രിത് വസ്തു തന്മാർഗണേ സളിതം നശ്യത സത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ദ്വന്വങ്ങളൊന്നും ബാധിക്കില്ല പക്ഷെ അതിനു മുമ്പ് ഈ ദ്വന്വങ്ങളൊക്കെ ആരെയാണ് ബാധിക്കണത് അഹന്തയാണ് ബാധിക്കുന്നത് അഹന്ത ഉണ്ടെങ്കിൽ ദ്വന്ദ് അഹന്ത ഉണ്ടെങ്കിൽ തൃപുടി ഉണ്ട് അഹന്ത ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻസ് റിയാക്ഷൻസ് ഉണ്ട് അപ്പൊ അഹന്തയാണിതിനു മുഴുവൻ ബീജം ലോകത്തിലെ സുഹൃത്തിനെ കണ്ടാൽ ആർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം എനിക്ക് മിത്രത്തിനെ കണ്ടാൽ ആർക്ക് സന്തോഷം ഉണ്ടാവണം എനിക്ക് ശത്രുവിനെ കണ്ടാൽ ആർക്ക് വെറുപ്പുണ്ടാവണം എനിക്ക് कंडा एंडे अवनानु बहुमानु बंधुने एन आं तौरणु साधु कर्क बहुमान तौरणू पापिये कौनूरा सर्किड़ अवड़ी आह कईट आंधुने या साधु कं बहुमानी या शुवे कान अवेर वैब्रेशन यामेंटि रूप डिप्रश रूप अनकूल काड प्रतिकूल का सोषम ഒരു തിമിർപ്പ് പ്രതികൂലം കാണുമ്പോ അയ്യോ എനിക്കിങ്ങനെ വരാൻ പാടില്ല ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഞാൻ എന്നുള്ള ഒരേ ഒരു പ്രതീതിക്ക് ചുറ്റുമാണ് ഈ മനസ്സെന്നു പറയുന്ന ഒരു അനിർവചനീയ ശക്തി പ്രദക്ഷിണം ചെയ്തുകൊണ്ടേക്കണം ഈ ഞാനിനെ പിടിച്ച് അളക്കിയ എല്ലാ അളവും അതെവിടെ വരണം അതെന്താണ് ശ്രദ്ധിച്ചാലോ അത് മറയും ശ്രദ്ധയൊന്നും വെളിച്ചം അതിന് സഹിക്കില്ല ശ്രദ്ധിച്ചാൽ അത് അറിയും എന്താണ് ഈ ഞാൻ എന്താണ് അത് എന്താണ് അതാണ് എന്താ അപ്പൊ നോക്കാം നമ്മുടെ സമത്തിലേക്ക് വന്ന് നിൽക്കും സുഹൃത്തിനെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമ്പോ ഞാൻ ആര് എന്ന് ചെയ്യണം മിത്രത്തിനെ കാണുമ്പോ പ്രത്യേകത തോന്നുമ്പോൾ ഈ തോന്നുന്നത് ഞാൻ ആരാണ് എന്ന് ശത്രുവിനെ കാണുമ്പോ വെറുപ്പ് തോന്നുമ്പോ ഈ വെറുപ്പ് തോന്നുന്നത് ആർക്കാണ് എനിക്ക് ഞാൻ ആരാണ് ഉദാസീനനെ കാണുമ്പോൾ എന്തോ ഒരു ഭാവം ഇതാർക്കാണ് എനിക്ക് ഞാൻ ആരാണ് മധ്യസ്ഥനെ കാണുമ്പോൾ ഒരു വികാരം തോന്നുന്നു ആർക്കാണ് എനിക്ക് ഞാൻ ആരാണ് സാധുവിനെ കാണുമ്പോൾ ഒരു വികാരം തോന്നുന്നുണ്ടല്ലോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ ഒരു ബൈഫറിക്കേഷൻ തോന്നുന്നുണ്ടല്ലോ ഇതാർക്കാണ് എനിക്ക് ഞാനാരാണ് ഭാബിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇഷ്ടപ്പെടായ്മയൊക്കെ തോന്നുന്നുണ്ടല്ലോ ആർക്കാണ് എനിക്ക് ഞാനാരാണ് ഞാൻ ആരെന്നുള്ള മഹാമന്ത്രം വിടാതെ പിടിച്ചോണ്ട് വ്യവഹാരത്തിൽ മുഴുവൻ വ്യവഹരിക്കുമ്പോഴൊക്കെ സെന്റർ എവിടെയാണ് ആർക്കുണ്ടാവണു എനിക്ക് ഞാൻ ആരാണ് ദേഷ്യം വരുമ്പോ കാമം വരുമ്പോ അസൂയ വരുമ്പോ സ്നേഹം വരുമ്പോ ആസക്തി വരുമ്പോ ബോറടിക്കുമ്പോ ലോഭം വരുമ്പോ അഭിമാനം വരുമ്പോ എല്ലാവിധത്തിലുള്ള മാനസിക ചലനങ്ങൾക്കും വേരായിട്ടുള്ള ചലനമാണ് ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്പന്ദനം അതിലേക്ക് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും വരുമ്പോൾ അത് എല്ലാം അവസാന ഈഗോ ആയിട്ട് ചുരുങ്ങും ആ ഈഗോ അവസാനം ഹൃദയത്തിൽ അടങ്ങും അത് വെറൊരു ഒരു ഒരു മനസ്സിൻ്റെ കണ്ടെൻസ്ഡ് ഫോമാണ് അതെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് മറയും അന്വേഷിച്ചാൽ മറിയും മറിയുമ്പോൾ അഖണ്ഡമായൊരു പ്രജ്ഞ മാത്രണ്ടാവും ശ്രദ്ധ പിന്നെയും പതറിയ പിന്നെയും പന്തു എന്താന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിലൊരു ഹാബിറ്റാണ് ആ ഹാബിറ്റിനെ വിപരീതീകരണം ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് അവസാനം നമ്മൾ ആ സമത്വം യോഗ ഉച്ചു എവിടെയൊക്കെ ആയാലും സമബുദ്ധി സമബുദ്ധി മാറാതായാൽ പതുക്കെ പതുക്കെ പതുക്കെ നമ്മളെ അഡപ്റ്റ്സ് ആയി കഴിഞ്ഞു എന്നർത്ഥം അപ്പോഴാണ് യോഗി എന്നൊക്കെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നത് ഞാൻ യോഗിയായി കഴിഞ്ഞു തോന്നിയ യോഗിയായിട്ടില്ല ആ ശാന്തി ഉണ്ടെങ്കിൽ ഒന്നിൻ്റെയും ഇമ്പാക്ട് ഇല്ലെങ്കിൽ നമുക്ക് നിറവുണ്ടെങ്കിൽ നിറഞ്ഞിരിക്കണെങ്കിൽ ഇത് നമ്മൾക്ക് മാത്രം സ്വസംവേദ്യമാണ് മറ്റുള്ളവർക്ക് അറിയുന്ന കാര്യമല്ല നമ്മളാണ് നമ്മളെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ അന്തര്യാമിയാണ് നമുക്ക് റെക്കഗ്നീഷൻ തരേണ്ടത് മറ്റുള്ളവരല്ല മറ്റുള്ളവരുടെ റെക്കഗ്നീഷന് നിന്നാൽ കഴുത തൂക്കേണ്ടി വരും കഴുതെ പൊക്കി നടന്ന കഥയുണ്ടല്ലോ അച്ഛനും മകനും കൂടെ നടന്നപ്പോ കഴുതയിൽ കയറിയിരിക്കാൻ പാടില്ലേന്ന് പറഞ്ഞു ജനങ്ങള് മകൻ ഇരുന്നപ്പോ നോക്ക് പോത്തുപോലെ ചക്കൻ കയറിയിരിക്കണു അച്ഛൻ വയസ്സുകാലത്ത് നടക്കണോ അച്ഛൻ കയറിയിരുന്നപ്പോ ചെറിയ പയ്യനെ നടക്കാൻ വെച്ചിട്ട് അയാൾ കഴുത കയറിയിരിക്കണു അവസാനം രണ്ടുപേരും കൂടെ കഴുതയിൽ കയറിയിരുന്നപ്പോ അയ്യോ പാവം കഴുത അവസാനം രണ്ടുപേരും കൂടെ കഴുതെ പൊക്കിക്കൊണ്ട് നടന്ന അത്രയും അതുപോലെ ആവും വെളിയിൽ നിന്നല്ല നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് റെക്കഗ്നേഷൻ വേണം നിറവ് പൂർണ്ണത അങ്ങനെ ഉണ്ടായാൽ ഇനി അതിന് എന്തുവേണം ഈ ആത്മവിചാരം ചെയ്യണം ധ്യാനം ചെയ്യണം എങ്ങനെ ചെയ്യണം യോഗിയുഞ്ചീതം ആത്മാനം രഹസി സ്ഥിത ീയത ചിത്തത്മാ നിരാശീ അപരിഗ്രഹ ഈ ശ്ലോകം മുതൽക്ക് നാളെ വൈകിട്ട് കാണാം സത്യം ജ്ഞാനമന്ത് നിത്യമനാക ഗോപ്രാഗണരിഗണലോലമ പരമായാസം മായാക്കാ ഭുവനം കഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാൻ യൂമാത്മാവസിമേ തോന്നു വാച്യം കിഞ്ചിസ്തിയേഷ്ടം കൂരുമാം തഥൈ ം ആത്മനം ഭജ